ധ്യായം പതിനേഴ് യോസെഫിന്റെ ആദ്യചാതനായ മനശ്ശയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി മനശയുടെ ആദ്യചാതനും ഗലയാദിന്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗലയാദും ബാഷാനും ലഭിച്ചു മനശയുടെ ശേഷം പുത്രന്മാരായ അബിയേസറിന്റെ മക്കൾ ധേലക്കിന്റെ മക്കൾ അസ്രിയേലിന്റെ മക്കൾ ിന്റെ മക്കൾ ഹേഫേരിന്റെ മക്കൾ ഷമീദാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി ഇവർ കുടുംബം കുടുംബമായി യോസഫിന്റെ മകനായ മനശിയുടെ മക്കൾ ആയിരുന്നു എന്നാൽ മനശ്ശിയുടെ മകനായ മഖീറിന്റെ മകനായ ഗലയാദിന്റെ മകനായ ഹേഫേരിന്റെ മകൻ ഷെലോഫാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു അവന്റെ പുത്രിമാർക്കും മഹ്ള നോവ പൊഗ്ള മിൽക്ക തിർസ എന്നു പേരായിരുന്നു അവർ പുരോഹിതനായ എലയാസരന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു ഇങ്ങനെ മനശയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശയ്ക്ക് യോർദാൻ അക്കരെ ഗലയാതദേശവും വാശാനും കൂടാതെ പത്ത് ഓഹരി കിട്ടി മനശയുടെ ശേഷം പുത്രന്മാർക്ക് ഗലയാതു കിട്ടി മനശയുടെ അതിരോം ആശോർമുതർ ിന് കിഴക്കുള്ള മിക് മെത്താത്തുവരെ ചെന്ന് വലത്തോട്ടു തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു തപ്പൂഹ ദേശം മനശിക്കുള്ളതായിരുന്നു എങ്കിലും മനശയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രൈമ്യർക്ക് ഉള്ളതായിരുന്നു പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു ഈ പട്ടണങ്ങൾ മനശയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ മനശയുടെ അതിർ തോട്ടിന്റെ വടക്കുവശത്തുകൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു തെക്കുഭാഗം എഫ്രൈമിനും വടക്കു ഭാഗം മനശ്ശിക്കുമുള്ളത് സമുദ്രം അതിന്റെ അതിർ ആകുന്നു അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസാഖാരിനോടും തൊട്ടിരിക്കുന്നു ഇസാഖാരിലും ആശയ മനശിക്ക് ാനും അതിന്റെ അധീന നഗരങ്ങളും ഇബ്ലയാമും അതിന്റെ അധീന നഗരങ്ങളും ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും യേൻദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും തനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും മെഗീദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് മേടുകൾ തന്നെ എന്നാൽ മനശിയുടെ മക്കൾക്ക് ആ പട്ടണത്തിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താൽപ്പര്യം സാധിച്ചു എന്നാൽ ഇസ്രയേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു അനന്തരം യോസെഫിന്റെ മക്കൾ യോശുവയോട് യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു യോശുവ അവരോട് നിങ്ങൾ വലിയൊരു ജനം എങ്കിൽ യഫ്രൈം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരുഷ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലമെടുത്തുകൊള്ളുവീൻ എന്നുത്തരം പറഞ്ഞു അതിന് യോസഫിന്റെ മക്കൾ മലനാട് ഞങ്ങൾക്ക് പോരാ ബെത്ത് ഷെയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രയേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പുരഥങ്ങളുണ്ട് എന്നു പറഞ്ഞു യോശുവ യോസെഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശയോടും പറഞ്ഞത് നിങ്ങൾ വലിയൊരു ജനം തന്നെ മഹാശക്തിയും ഉണ്ട് നിങ്ങൾക്ക് ഒരോഹരി മാത്രമല്ല വരേണ്ടത് മലനാട് നിനക്കുള്ളത് ആയിരിക്കണം അത് കാടാകുന്നുവെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം അതിന്റെ അറുതിപ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ കനാന്യർ ഇരുമ്പുരഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ